ം ഇരുപത്തി ഒൻപത് ഏഴാം മാസം ഒന്നാം തീയതി വിശുദ്ധ സഭായോഗം കൂടേണം അന്ന് സാമാന്യവേലയൊന്നും ചെയ്യരുത് അത് നിങ്ങൾക്ക് കാഹളനാഥോത്സവം ആകുന്നു അന്ന് നിങ്ങൾ യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ഹോമയാഗമായി ഒരു കാളക്കിടാവിനേയും ഒരു ആട്ടുകൊറ്റനെയും ഒരു വയസ്സ് പ്രായമുള്ള ഊനമില്ലാത്ത ഏഴു കുഞ്ഞാടിനെയും അർപ്പിക്കണം അവയുടെ ഭോജനയാഗം എണ്ണ ചേർത്ത മാവ് കാളയ്ക്ക് ഇടങ്ങഴി മൂന്നും ആട്ടുകൊറ്റന് ഇടങ്ങഴി രണ്ടും ഏഴ് കുഞ്ഞാട്ടിൽ ഓരൊന്നിന് ഇടങ്ങഴി ഓരോന്നും ആയിരിക്കണം നിങ്ങൾക്കു വേണ്ടി പ്രായശിത്തം കഴിപ്പാൻ പാപയാഗത്തിനായി ഒരു കോലാട്ടുകൊറ്റനും വേണം അമാവാസിയിലെ ഹോമയാഗത്തിനും അതിന്റെ ഭോജനയാഗത്തിനും നാൾ തോറുമുള്ള ഹോമയാഗത്തിനും അതിന്റെ ഭോജനയാഗത്തിനും അവയ്ക്ക് നിയമപ്രകാരമുള്ള പാനീയയാഗങ്ങൾക്കും പുറമെ യഹോവയ്ക്ക് സൌരഭ്യവാസനയായ ദഹനയാഗമായി തന്നെ ഏഴാം മാസം പത്താം തീയതി വിശുദ്ധ സഭായോഗം കൂടേണം അന്ന് നിങ്ങൾ ആത്മതവനം ചെയ്യണം വേലയൊന്നും ചെയ്യരുത് എന്നാൽ യഹോവയ്ക്ക് സുഗന്ധവാസനയായ ഹോമയാഗമായി ഒരു കാളക്കിടാവിനെയും ഒരു ആട്ടുകൊറ്റനെയും ഒരു വയസ്സ് പ്രായമുള്ള ഏഴു കുഞ്ഞാടിനെയും അർപ്പിക്കണം അവ ഊനമില്ലാത്തവ ആയിരിക്കണം അവയുടെ ഭോജനയാഗം എണ്ണ ചേർത്ത മാവ് കാളയ്ക്ക് ഇടങ്ങഴി മൂന്നും ആട്ടുകൊറ്റന് ഇടങ്ങഴി രണ്ടും ഏഴു കുഞ്ഞാട്ടിൽ ഓരൊന്നിന് ഇടങ്ങഴി ഓരോന്നും ആയിരിക്കണം പ്രായച്ചുത്തഗത്തിനും നിരന്തര ഹോമയാഗത്തിനും അതിന്റെ ഭോജനയാഗത്തിനും പാനീയ യാഗങ്ങൾക്കും പുറമെ പാപയാഗത്തിനായി ഒരു കോലാട്ടുകൊറ്റനും വേണം ഏഴാം മാസം പതിനഞ്ചാം തീയതി വിശുദ്ധ സഭായോഗം കൂടേണം അന്ന് സാമാന്യവേലയൊന്നും ചെയ്യരുത് ഏഴു ദിവസം യഹോവയ്ക്ക് ഉത്സവമാചരിക്കണം നിങ്ങൾ യഹോവയ്ക്ക് സൌരഭ്യവാസനയായ ദഹനയാഗമായി പതിമൂന്ന് കാളക്കിടാവിനേയും രണ്ട് ആട്ടുകൊറ്റനെയും ഒരു വയസ് പ്രായമുള്ള പതിനാല് കുഞ്ഞാടിനെയും ഹോമയാഗം കഴിക്കണം അവ ഊനമില്ലാത്തവ ആയിരിക്കണം അവയുടെ ഭോജനയാകം പതിമൂന്ന് കാളയിൽ ഓരോന്നിന് എണ്ണ ചേർത്തമാവ് ഇടങ്ങഴി മുമ്മും രണ്ട് ആട്ടുകൊറ്റനിൽ ഓരോന്നിന് ഇടങ്ങഴി ഈ രണ്ടും പതിനാല് കുഞ്ഞാട്ടിൽ ഓരോന്നിനും ഇടങ്ങഴി ഓരോന്നും ആയിരിക്കേണം നിരന്തര ഹോമയാഗത്തിനും അതിന്റെ ഭോജനയാഗത്തിനും അതിന്റെ പാനീയയാഗങ്ങൾക്കും പുറമേ പാപയാഗത്തിനായി ഒരു കോലാട്ടുപൊറ്റനും വേണം രണ്ടാം ദിവസം നിങ്ങൾ പന്ത്രണ്ട് കാളക്കിടാവിനേയും രണ്ട് ആട്ടുപൊറ്റനെയും ഒരു വയസ്സ് പ്രായമുള്ള ഊനമില്ലാത്ത പതിനാല് കുഞ്ഞാടിനെയും അർപ്പിക്കേണ്ട വേണം അവയുടെ ഭോജനയാഗവും പാനീയയാഗങ്ങളും കാള ആട്ടുകൊറ്റൻ കുഞ്ഞാട് എന്നിവയുടെ എണ്ണം പോലെയും നിയമം പോലെയും ആയിരിക്കണം നിരന്തര ഹോമയാഗത്തിനും അതിന്റെ ഭോജനയാഗത്തിനും പാനീയയാഗങ്ങൾക്കും പുറമെ പാപയാഗത്തിനായി ഒരു കോലാട്ടുകൊറ്റനും വേണം മൂന്നാം ദിവസം പതിനൊന്ന് കാളയെയും രണ്ട് ആട്ടുകൊച്ചനെയും ഒരു വയസ്സ് പ്രായമുള്ള ഊനമില്ലാത്ത പതിനാല് കുഞ്ഞാടിനെയും അർപ്പിക്കണം അവയുടെ ഭോജനയാഗവും പാനീയയാഗങ്ങളും കാള ൊറ്റൻ കുഞ്ഞാട് എന്നിവയുടെ എണ്ണം പോലെയും നിയമം പോലെയും ആയിരിക്കണം നിരന്തര ഹോമയാഗത്തിന് അതിന്റെ ഭോജനയാഗത്തിനും പാനീയയാഗങ്ങൾക്കും പുറമെ പാപയാഗത്തിനായി ഒരു കോലാട്ടുകൊറ്റനും വേണം നാലാം ദിവസം പത്തുകാളയെയും രണ്ട് ആട്ടുകൊറ്റനെയും ഒരു വയസ്സ് പ്രായമുള്ള ഊനമില്ലാത്ത പതിനാല് കുഞ്ഞാടിനെയും അർപ്പിക്കേണം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 രണ്ട് ആട്ടുകൊറ്റനെയും ഒരു വയസ്സ് പ്രായമുള്ള ഊനമില്ലാത്ത പതിനാല് കുഞ്ഞാടിനെയും അർപ്പിക്കണം അവയുടെ ഭോജനയാഗവും പാനീയ യാഗങ്ങളും കാള ആട്ടുകൊറ്റൻ കുഞ്ഞാട് എന്നിവയുടെ എണ്ണം പോലെയും നിയമം പോലെയും ആയിരിക്കണം നിരന്തര ഹോമയാഗത്തിനും അതിന്റെ ഭോജനയാഗത്തിനും പാനീയ യാഗങ്ങൾക്കും പുറമെ പാപയാഗത്തിനായി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 നിരന്തര ഹോമയാഗത്തിനും അതിന്റെ ഭോജനയാഗത്തിനും പാനീയയാഗങ്ങൾക്കും പുറമെ പാപയാഗത്തിനായി ഒരു കോലാട്ടു കൊച്ചനും വേണം എട്ടാം ദിവസം നിങ്ങൾക്ക് അന്ത്യയോഗം ഉണ്ടാകണം അന്ന് സാമാന്യവേലയൊന്നും ചെയ്യരുത് എന്നാൽ യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ദഹനയാഗമായി ഒരു കാളയെയും ഒരു ആട്ടുകൊച്ചനെയും ഒരു വയസ്സ് പ്രായമുള്ള ഊനമില്ലാത്ത ഏഴു കുഞ്ഞാടിനെയും ഹോമയാഗം കഴിക്കണം അവയുടെ ഭോജനയാഗവും പാനീയയാഗങ്ങളും കാള അട്ടുകൊറ്റൻ കുഞ്ഞാട് എന്നിവയുടെ എണ്ണം പോലെയും നിയമം പോലെയും ആയിരിക്കണം നിരന്തര ഹോമയാഗത്തിനും അതിന്റെ ഭോജനയാഗത്തിനും പാനീയയാഗങ്ങൾക്കും പുറമെ പാപയാഗത്തിനായിട്ട് ഒരു കോലാട്ടുകൊറ്റനും ഇവയെ നിങ്ങൾ നിങ്ങളുടെ നേർച്ചകളും സ്വമേധാദാനങ്ങളുമായ ഹോമയാഗങ്ങൾക്കും ഭോജനയാഗങ്ങൾക്കും പാനീയയാഗങ്ങൾക്കും പുറമെ നിങ്ങളുടെ ഉത്സവങ്ങളിൽ യഹോവയ്ക്ക് അർപ്പിക്കണം യഹോവ മോശയോട് കൽപ്പിച്ചതൊക്കെയും മോശ ഇസ്രയേൽ മക്കളോട് പറഞ്ഞു